ദൂതന്മാർ നിരാശരാവുകയും തങ്ങൾ നിഷേധിക്കപ്പെട്ടുവെന്നവർ കരുതുകയും ചെയ്തപ്പോൾ ഞങ്ങളുടെ സഹായം അവർക്കു ലഭിച്ചു അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ചവരെ ഞങ്ങളെ രക്ഷിച്ചു കുറ്റവാളികളായ ജനതയിൽ നിന്ന് ഞങ്ങളുടെ ശിക്ഷയെ തടയാൻ ആർക്കും സാധിക്കുകയില്ല